അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വലിയതായി തോന്നുന്ന മറ്റേതെങ്കിലും സൃഷ്ടിയോ അപ്പോൾ അവർ ചോദിക്കും ആരാണ് ഞങ്ങളെ തിരിച്ചുകൊണ്ടുവരിക പറയുക ആദ്യമായി നിങ്ങളെ സൃഷ്ടിച്ചവൻ തന്നെ അപ്പോൾ അവർ താങ്കൾക്ക് നേരെ തലയാട്ടികൊണ്ടു ചോദിക്കും അതെപ്പോഴാണ് പറയുക അത് ഉടനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്